സത്യവിശ്വാസികൾക്ക് അള്ളാഹു സുബാനഹുഅ താലാവിംഗലേക്കും അവന്റെ റസൂലിങ്കലേക്കും വിധി തീർക്കുന്നതിനായി വിളിക്കപ്പെട്ടാൽ ഞങ്ങൾ കേട്ടു ഞങ്ങൾ അനുസരിച്ചു എന്ന് പറയുക മാത്രമാണ് അവർ ചെയ്യുന്നത് അവരാണ് വിജയികൾ